അധ്യായം മുപ്പത്തി അഞ്ച് അനന്തരം ദൈവം യാക്കോബിനോട് നീ പുറപ്പെട്ട് ബേഥലിൽ ചെന്ന് പാർക്ക നിന്റെ സഹോദരനായ യേശാവിന്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം എന്ന് പറഞ്ഞു അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുകയും നാം പുറപ്പെട്ട് ബേത്തലിലേക്ക് പോക എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെയിരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠമുണ്ടാക്കും എന്ന് പറഞ്ഞു അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെ ഉണുക്കുകളെയും യാക്കോബിന്റെ പക്കൽ കൊടുത്തു യാക്കോബ് അവയെ ഷേഖേമൻ അരികെയുള്ള കരുവേലകത്തിൻ കീഴിൽ കുഴിച്ചിട്ടു പിന്നെ അവർ യാത്ര പുറപ്പെട്ടു അവരുടെ ചുറ്റുമിരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഭീതി വീണതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല യാക്കോബും ജനമൊക്കെയും കനാൻ ദേശത്തിലെ ലൂസ് എന്ന ബേതേലിൽ എത്തി അവിടെ അവൻ ഒരു യാഗപീഠം പണിതു തന്റെ സഹോദരന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അവന് അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് അവൻ ആ സ്ഥലത്തിന് എൽ ബേഥേൽ എന്ന് പേർ വിളിച്ചു റബേക്കയുടെ ഭാത്രിയായ ദബോര മരിച്ചു അവളെ ന് താഴെ ഒരു കരിവേലകത്തിന് കീഴിൽ അടക്കി അതിന് അല്ലോൻ ബഖുദ് വിലാപൃക്ഷം എന്ന് പേരിട്ടു യാക്കോബ് പദ്ധന രാമിൽ നിന്ന് വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു ദൈവം അവനോട് നിന്റെ പേർ യാക്കോബെന്നല്ലോ ഇനി നിനക്ക് യാക്കോബെന്നല്ല ഇസ്രയേൽ എന്നു തന്നെ പേരാകേണം എന്ന് കൽപ്പിച്ചു അവന് ഇസ്രയേലെന്ന് പേരിട്ടു ദൈവം പിന്നെയും അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ സന്താന പുഷ്ടിയുള്ളവനായി പെരുകുക ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്ത് പുറപ്പെടും ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കും എന്നരുളി ചെയ്തു അവനോട് സംസാരിച്ച സ്ഥലത്ത് നിന്ന് ദൈവം അവനെ വിട്ട് കയറിപ്പോയി അവൻ തന്നോട് സംസാരിച്ചെടുത്ത് യാക്കോബ് ഒരു കൽത്തൂൺ നിർത്തി അതിന്മേൽ ഒരു പാനീയയാഗം ഒഴിച്ച് എണ്ണയും പകർന്നു ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്തിന് ോബ് ബേഥേൽ എന്ന് പേരിട്ടു അവർ ബേധേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു യഫ്രാത്തയിൽ എത്തുവാൻ അൽപദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിന വേദനയുണ്ടായി അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിന വേദനയായിരിക്കുമ്പോൾ സൂതികർമ്മിണി അവളോട് ഭയപ്പെടേണ്ട ഇതും ഒരു മകനായിരിക്കും എന്നു പറഞ്ഞു എന്നാൽ അവൾ മരിച്ചുപോയി ജീവൻ പോകുന്ന സമയം അവൾ അവന് ബനോനി എന്നുപേറിട്ടു അവന്റെ അപ്പനോൻ അവന് ബെന്യാമീൻ എന്നു പേരിട്ടു റാഹേൽ മരിച്ചിട്ട് അവളെ ബത്ലഹേം എന്ന യഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു അവളുടെ കല്ലറയിൻമേൽ യാക്കോബ് ഒരു തൂൺ നിർത്തി അത് റാഹേലിന്റെ കല്ലറത്തൂൺ എന്ന പേരോടെ ഇന്നുവരെയും നിൽക്കുന്നു പിന്നെ ഇസ്രയേൽ യാത്ര പുറപ്പെട്ടു ഏതർ ഗോപുരത്തിന് അപ്പുറം കൂടാരമടിച്ചു ഇസ്രയേൽ ആ ദേശത്ത് പാർത്തിരിക്കുമ്പോൾ റൂബേൻ ചെന്ന് തന്റെ അപ്പന്റെ വെപ്പാട്ടിയായ ബിൽഹയോടുകൂടെ ശയിച്ചു ഇസ്രയേൽ അത് കെട്ടു യാക്കോബിന്റെ പുത്രന്മാർ പന്ത്രണ്ട് പേരായിരുന്നു ലേയയുടെ പുത്രന്മാർ യാക്കോബിന്റെ ആദ്യ റൂബേൻ ഹൂദ ഇസാഖാർ സെബൂലും റാഹേലിന്റെ പുത്രന്മാർ യോസെഫും ബെന്യാമിനും റാഹേലിന്റെ ദാസിയായ ബിൽഹയുടെ പുത്രന്മാർ ദാനും നഫ്താലിയും ലേയയുടെ ദാസിയായ ശിൽപയുടെ പുത്രന്മാർ ഖാദും ആശേരും ഇവർ യാക്കോബിന് പദ്ധനരാമിൽ വെച്ച് ജനിച്ച പിന്നെ യാക്കോബ് കിരിയത്തർബ എന്ന മമ്രയിൽ തന്റെ അപ്പനായ ഇസഹാക്കിന്റെ അടുക്കൽ വന്നു അബ്രഹാമും ഇസഹാക്കും പാർത്തിരുന്ന ഹെബ്രോൻ ഇതുതന്നെ ഇസഹാക്കിന്റെ ആയുസ് നൂറ്റി എൺപത് ഇസഹാക്ക് വയോധികനും കാല സമ്പൂർണനുമായി പ്രാണനെ വിട്ട് മരിച്ച് തന്റെ ജനത്തോട് ചേർന്നു അവന്റെ പുത്രന്മാരായ യേശാവും യാക്കോബും കൂടി അവനെ അടക്കം ചെയ്തു